ഭാഷകൾ നോർവാണ് േസ്യം <���verständ> മാസേ ഹോരാത്രം വരിഷ്യവത് മാം ം തൃപ്പ अन्न सो अपो अन्नभ्य सृजप्यतप्योत्यो मूर्तिरजयत ൂർത്തിരായ ഭോഗ സാധനങ്ങളെല്ലാം സൃഷ്ടിച്ചു അടുത്ത ഭോഗ്യ സൃഷ്ടി അതിനുവേണ്ടി പറയുന്നു വേണ്ടി സങ്കല്പിച്ചു എന്താണ് കഥ മിമ്മേ ലോകാസ്റ്റ് ലോകപാലാസ്റ്റമയാ സൃഷ്ട അശ്വന പിയോജിത ഈ ലോകങ്ങളെ ലോകപാലന്മാരെ എല്ലാം ഞാൻ സൃഷ്ടിച്ചു അശ്വനാ പിപ്പാസ അവർക്ക് നൽകി അതുഷാം സ്ഥിതി മന്ന മന്ത്രേണ അതുകൊണ്ട് സൃഷ്ടിച്ചു അവർക്ക് വിശപ്പും ദാഹവും എല്ലാം നൽകി ഇനി സൃഷ്ടി കൂടാതെ അവരുടെ സ്ഥിതി സാധ്യമല്ല അതുകൊണ്ട് ഈ ലോകപാലന്മാർക്ക് ഈ ദേവതകൾക്ക് വേണ്ടി അന്നത്തെ സൃഷ്ടിക്കണം അനുഗ്രഹിം ലോകത്തിൽ തന്നെ കാണുന്നുണ്ട് എന്താണ് ഈശ്വരന്മാർ എന്ന് വെച്ചാൽ രാജാക്കന്മാർ ഭൃത്യന്മാര് ദേവതമാരവർ ഉപാസിക്കുന്നവരെല്ലാം അനുഗ്രഹിക്കുകയും നിഗ്രഹിക്കുകയും ചെയ്യുന്നതായി കാണുന്നുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് ശേഷു അവരുടെ അവരിൽ താഴ്ന്നവരെ അത് ലോകത്തിലായാലും ശരി അലൗകികമായാലും ശരി നിഗ്രഹാനുഗ്രഹങ്ങൾ കാണുന്നുണ്ട് അതുപോലെ തത്വം മഹേശ്വര സാബി സർവീശ്വരത്വ സർവാൻപ്രതി നിഗ്രഹാനുഗ്രഹ സ്വാതന്ത്ര്യമേവ ഇവിടെ ലോകത്തിൽ തന്നെ കാണുന്നുള്ള നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ളവർ രാജാക്കന്മാരും മറ്റും അങ്ങനെയാണെങ്കിൽ മഹേശ്വര സാബി മഹേശ്വരൻ സർവീശ്വരന് സർവാൻപ്രതി സർവ്വരെയും നിർഗ്രഹിക്കുന്നതിനും അനുഗ്രഹിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം എന്തായതിനും ഉണ്ട് അതുകൊണ്ട് ഈശ്വരൻ സങ്കൽപ്പിച്ചു ഇനി അന്നെ സൃഷ്ടിക്കെല്ലാം അന്നാവശ്യമാണ് അങ്ങനെയുള്ള ഈശ്വരൻ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആശ്വരൻ താ യുവർക്ത അഭ്യതപത് മുമ്പ് സൃഷ്ടിച്ചു പഞ്ചഭൂതങ്ങൾ അതിനെ ഉദ്ദേശിച്ചു വീണ്ടും സങ്കൽപ്പിച്ചു ൂർത്തി അങ്ങനെ സങ്കല്പിച്ചപ്പോ എന്ത് ചെയ്തു അന്നം ഉണ്ടായി എന്താണ് ധാരണ സമർത്ഥ ഈ ശരീരത്തെ ധരിക്കുന്നതിന് സമർത്ഥമായ അന്നം അതെങ്ങനെ ചരാചരലക്ഷണം പറയുന്നുണ്ട് ചരം മൂഷകാതി അചരം പൂച്ചയുടെ ആഹാരം എന്താണ് മൂഷക മനുഷ്യന്റെ ആഹാരം അങ്ങനെയുള്ള നെല്ല അങ്ങനെ ചരാചര ചരിക്കുന്നതും ചരിക്കാത്തതുമായ അന്നത്തെ സൃഷ്ടിച്ചു അന്നം വൈ തത്മൂർത്തി രൂപം അന്നരൂപത്തിലുള്ള വസ്തുക്കളെ സൃഷ്ടിച്ചു നടക്കും അത് നടത്ത അടുത്ത് നടക്കുന്ന സൃഷ്ടി തദ്നം പരാം അത്യതിക തന്നശക്നോ ഗ്രഹീതം സ യുദ്ധേന അഗ്രഹീഷ്യ അഭിവ്യഹൃ അന്നപ്സ്യത്ത് अर्थे അന്നം ലോകമുഖേ സൃഷ്ടം തദ്ധ മൂഷകാതിർാരാദിപോചരേ സൻ മമ മൃതിരന്നാദീതിമക് അങ്ങനെ സൃഷ്ടി ചെയ്യുന്ന അവരുടെ മുമ്പിലാണ് സൃഷ്ടിച്ചത് അവർക്ക് ഭക്ഷിക്കുന്നതിനു വേണ്ടി സൃഷ്ടിച്ചു തദ്ധ്യ സൃഷ്ടിച്ചപ്പോ എന്തുപറ്റി മൂഷകാദർ മാർജാരാദി ഗോചരെ സന്മമൃത്യ മൂഷകൻ മാർജാരണ കാണുമ്പോ ഏനി പൂച്ചയ്ക്ക് കാണുമ്പോൾ എന്തുവരുതുന്നു സന്മമെടുത്തിട്ട് അന്നാദാത ഇവനെന്റെ മൃത്യു ആണോ അന്നാദനാണ് എന്നെ അന്നമായി അധിക്കുന്നവനാണോ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്തു പരാഗ് അഞ്ചതി എന്തിരിഞ്ഞോടുന്നു കാണാറുണ്ട് അന്നത്തെ അധിക്കുന്നവൻ അന്നം കാണുമ്പോ അതിന്റെ പുറകെ പോവും പക്ഷെ അന്നമാണെങ്കിലോ അവന് ഭയം നോടും എന്റെ അവസാനമായി എന്ന് വരു പിന്തിരിഞ്ഞോടി തന്നെ അധിക്കുന്നവരെ കണ്ടപ്പോ ദൈവതകളും മറ്റും തന്നെ ഭക്ഷിക്കാൻ വരികയാണെന്ന് കരുതി അവർ പിന്തിരിഞ്ഞോടി അതിഗന്തും പ്രാരഭതയിച്ചർ ആഗ്രഹിച്ച് ഇവരിൽ നിന്ന് രക്ഷപ്പെടണം അന്നരൂപത്തിൽ ഇവിടെ മുമ്പിൽ ചെന്നവർ ഭക്ഷിക്കും ക്ഷപ്പെടണം എന്ന് പറഞ്ഞ ഒരു ഓടാൻ തുടങ്ങി അന്നദശ്യൻ തദ് പതനം വ്യാപാരേണ അതിച്ഛത് തത് അന്നം അശക്നോ എന്ന സമർത്ഥോ അഭവത്വാചന്ദ്ര ഗ്രഹീതം ഉപാദാദും തദ്ന്നാഭിപ്രായമത്വം അപ്പോ എന്താണ് അന്നം അന്നത്തിന്റെ താല്പര്യം രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അന്നം ഇത് മനസ്സിലാക്കിയിട്ട് അന്നത്തിന്റെ മനസ്സിലിരു മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു സലോകപാലസംഘാത കാര്യകരണ ലക്ഷണ പിണ്ഡ എന്തു ചെയ്തു ആ ദേവതകളും മറ്റും ഇവരെ ഭക്ഷിക്കേണ്ടവരും അന്യാൻസ അന്നാദാൻ അപശ്യൻ അവിടെ വേറെ ആരുമില്ല രണ്ടേയുള്ളൂ ആദ്യം സൃഷ്ടിച്ചവരും പിന്നെ ഇവരുടെ ഭക്ഷണം ഇത് രണ്ടു മാത്രം അന്നം വാച വതനം വ്യാപാരം വഹിച്ച അപ്പം അവരെന്ത് ചെയ്തു അന്നം അന്നമെന്ന് വിളിച്ചു ഇത് ഓടിപ്പോകുന്നുണ്ട് അപ്പൊ അവർ വിശന്നിട്ടാണ് വിശപ്പുന്താകുണ്ട് അന്നം സൃഷ്ടിച്ചു അപ്പൊ വാച വതനം വ്യാപാര അജിത് വൃക്ഷ അപ്പൊ അവർക്കറിയത്തില്ലോ ആദ്യമായിട്ടാണ് അന്നത്തെ കാണുന്നത് അപ്പോ അന്നത്തെ കണ്ടു അന്നമന്നു വിളിച്ചു റോഡിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എന്താണ് അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അന്നം കിട്ടു അതന്നം നശക്തനോ സമർത്ഥോണ്ട് ഗ്രഹിക്കാൻ കഴിഞ്ഞല്ല അന്നത്തെ വാക്കുകൊണ്ട് ഗ്രഹിക്കുന്ന ഒന്നല്ല അന്നം സപ്രഥമ ശരീരീയ ഹേനധ്വാചീഷ്യത് ഗ്രഹീതവാൻ സർവോപി ലോക അന്നം അത്ര തൃപ്തി അഭവിഷ്യത് സപ്രഥമ ശരീര ഈ ആദ്യമുണ്ടാകാ സൃഷ്ടിച്ചതായി ദേവന്മാരും മറ്റും വാചഅഗ്രഹിഷ്യത് വാക്കുകൊണ്ട് അന്നം എന്ന് പറഞ്ഞപ്പോ അന്നത്തെ ഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഗ്രഹീതുവാൻ സാത് അങ്ങനെയായിരുന്നുവെങ്കിൽ സർവോപി ലോക ഇന്ന് ഉള്ള സർവനും തത്കാര്യഭൂത അവരുടെ പരമ്പരയാണല്ലോ ഇന്ന് ജീവിച്ചിരിക്കുന്ന ജീവികളെല്ലാം അന്നം അഭിവ്യാഹർത്തിയവം അന്നം തൃപ്തി തൃപ്ത ഭവിഷ്യത് എന്നാ ഇന്നുള്ളവരും അന്നം അന്നം എന്ന് പറഞ്ഞിട്ട് എല്ലാം മാറി തൃപ്തരായാണ് എന്നാ ചെയ്ത് അസ്ഥി അത്വ നാസക്കിനോ ദ്വാചാഗ്രഹീതം പക്ഷെ അത് സംഭവിക്കുന്നില്ല എന്നാർക്കും അന്നം എന്ന് പറഞ്ഞിട്ട് വിശപ്പും ദാഹവും ഒന്നും മാറുന്നില്ല ദ്വാചീതം അവർക്കതിന് കഴിയുന്നില്ല നിത്യത നിത്യവഗ്രൂജോബി അതുകൊണ്ടെന്ത് ചെയ്തു അന്നും അത് സംഭവിച്ചില്ല അന്നം എന്ന് പറഞ്ഞതുകൊണ്ട് അവർക്ക് വിശപ്പും മാറിയില്ല ആദ്യമായ അന്നത്തെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അന്നമെന്ന് പറഞ്ഞ് അത്രേ ഉള്ളു വാക്കുകൊണ്ട് മാത്രം അന്നം ഭക്ഷിക്കാൻ കഴിയത്തില്ല വാക്കിന് അതിന് ശക്തിയില്ല അവസാനം കുറി എന്താണോ ആ പ്രാണനാണത് സാധിച്ചത് അപ്പൊ യത്നം കൊണ്ടേ അന്നം സാധ്യമാകൂ അത് അന്നത്തെ കാണുന്നുണ്ടോ ഉപയോഗിക്കുന്നോണ്ടോ ഒന്നും സാധ്യമല്ല പ്രാണന്റെ കുറിച്ച് പറഞ്ഞു അതാണ് ഈ അടുത്ത് പറയുന്നത് അപ്പം ഒരു താല്പര്യം ഉണ്ടെന്താണോ അന്നം ജീവനെ സൃഷ്ടിച്ചു ജീവന്റെ സൃഷ്ടിയായ അന്നത്തെ സൃഷ്ടിച്ചു പക്ഷെ അന്നത്തെ ജീവന് വിശക്കുണ്ടാകുമെല്ലാം അതോടൊപ്പം സൃഷ്ടിച്ചു പക്ഷെ അന്നം സൃഷ്ടിച്ചതുണ്ടായില്ല ആ ജീവൻ തന്റെ പ്രാണശക്തി ഉപയോഗിച്ചു പ്രാണൻ ഗ്രഹിച്ചു എന്നാണ് ഗ്രഹിക്കുന്നു അവിടെ സൃഷ്ടിയിൽ ആ പൗരുഷത്തിന്റെ പ്രാധാന്യത്തെ കാണിക്കുന്നു ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നു സൃഷ്ടമായ സർവീ ജീവന് വേണ്ടിയാണ് അതുകൊണ്ട് ജീവനും ജീവന്റെ ഭക്തൃത്വം അത് സംഭവിക്കത്തില്ല ജീവന്റെ പ്രയത്നം ആവശ്യമാണ് എന്നുള്ള രാശയമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അടുത്ത് വീണ്ടും പറയുന്നത് അതിദ്രക്ഷനുണേനഗ്രഹീത अभिण्य अन्नमत तत्न अजिघ्रक्षतन अजिघ्रक्षत त ग्रही स यदन प्राणेन प्राणेन अग्रहीष्य अन्नम अत्र ഇത് വായികനർക്കും പ്രയാസമാണ് കൂട്ടക്ഷരങ്ങളൊക്കെയാണ് തന്നുഷാഗ്രുഷാ ദൃഷ്ടമ തോത്രേണ അതിഗ്രക്ഷത് മന്നജിഘ്രക്ഷത്വ സേന ത്വ അഗ്രഹീഷ്യ પ્રસ્થુહ હેવમન્નો ત્રપ્સિત તન્ મનસા અધિખ્રચ્છત તન્ શક્તનોત્ મનસા ગ્રહીદમ સ્યધેન મનસા અગ્રહેષ્યત ધ્યાત્વા હેવમન્નો મત્રપ્સિત તત્છિત તત્છિનેના અધિગ્રચ્છત તન્ના શક્તનોત્ સિસનેના ગ્રહીદમ സയധിനിസ്നെയ അഗ്രഹീഷ്യത് വിസജ്യമന്നപ്പ് തദ്ന അജിഘ്രക്ഷത് തവയത് സേഷോ അർണ്ണ ഗ്രഹോ അർഷ യു ഓരോ കൂർച്ചു താണീൻ മഷാരം തച്ചക്ഷുഷ്ട്രോത്രേണ തദ്ദേ കർണ്ണവ്യാപേ അന്നെയുത്തം അശക്ന ഇവിടെ മന്ത്രത്തിൽ പറയുന്ന പ്രാണേന അതിഘ്രക്ഷത് വെച്ചാൽ അത് മണത്ത് അന്നത്തെ അധികാൻ നോക്കി നടന്നില്ല നാശക്തനോ പ്രാണേന ഗ്രഹീതം മണത്തിറ്റ് ഭക്ഷിക്കാൻ നോക്കി കഴിഞ്ഞില്ല സേന പ്രാണേനാഗ്രഹിച്ച് അത് അങ്ങനെ അന്ന് മണത്തിട്ട് അന്ന് ദേവന്മാരെ അന്നത്തെ ഗ്രഹിച്ചിരുന്നുവെങ്കിൽ അഭിപ്രായം ഇന്നുള്ളവരും മണത്തിട്ട് അന്നം കൊണ്ട് തൃപ്തരായേനെ മണത്തിട്ട് തൃപ്തരാകുന്നില്ല ചക്ഷുഷ അതി വീണ്ടവരെ കണ്ണുകൊണ്ട് കണ്ടിട്ട് ഭക്ഷിക്കാൻ ശ്രമിച്ചു തന്ന അസക്കനോ കഴിഞ്ഞില്ല കണ്ണുകൊണ്ട് അനുഗ്രഹിക്കാൻ കഴിഞ്ഞാൽ സത്യദ്ധ്യയന ചക്ഷുഷ അഗ്രഹീഷ്യ അവരന്ന കണ്ണുകൊണ്ട് തന്നെ ഭക്ഷിച്ചിരുന്നുവെങ്കിൽ ദുഷ്ടുവാക്കിയവ അന്നം അത്ര ഇന്നുള്ളവരും കണ്ടിട്ടേനെ വിശപ്പും ദാഹും എന്ന് മാറിയെടുത്തേണ അജിഗ്ര കേട്ടിട്ട് അതിനെ ഭക്ഷിക്കാൻ ശ്രമിച്ചു തന്നാശക്നോ ഛോത്രേണ ഗ്രഹീതും പക്ഷേ കേട്ടിട്ട് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല കഴിക്കാൻ കഴിഞ്ഞില്ല അദ്ധ്യേന ഛ്രോത്രേണ ഗ്രഹിച്ച കേട്ടിട്ട് ഭക്ഷിച്ചിരുന്നുവെങ്കിൽ അന്നം അത്ര ഇന്നുള്ളവരും എന്താണോ അന്നമെന്ന് കേട്ടിട്ട് തൃപ്തരായേന സ്പർശിച്ച് അന്നത്തെ ഭക്ഷിക്കാൻ നോക്കി തന്നാശനു ത്വഗ്രഹീതും പക്ഷേ അത് കഴിഞ്ഞില്ല അന്നവർ തൊക്കുകൊണ്ടതിനെ സ്പർശിച്ച് ഗ്രഹിച്ചിരുന്നുവെങ്കിൽ അന്നം അത്ര സ്പർശിച്ചിട്ട് എല്ലാവരും വിശപ്പ് ലാകും എല്ലാ വഴിയും നോക്കി എങ്ങനെയാ ഈ ഭക്ഷണത്തെ അകത്താക്കുന്നത് സങ്കല്പിച്ചു നോക്കി നടന്നില്ല ആശക്തി മനസ്സാഗ്രഹീത അവർക്ക് കഴിഞ്ഞില്ല സത്യദ്നോ മനസ്സാഗ്രഹീഷ് അന്നവർ മനസ്സുകൊണ്ട് സങ്കല്പത്തിലൂടെ ഭക്ഷിച്ചിരുന്നുവെങ്കിൽ അധ്യാത്മീവത്ര നമുക്കും വെറും ഭക്ഷണത്തെ സങ്കല്പിച്ചിട്ട് വിശപ്പും അഹു മാറ്റാമായിരുന്നു അജിഗ്ര ശരീരത്തിൽ ഓരോ അവയവങ്ങളെയും എടുത്ത് പറയുന്നു ജനനേന്ദ്രിയം കൊണ്ട് പക്ഷിക്കുക അന്നോക്കി തന്നാ സത് അത് കഴിഞ്ഞില്ല സത്യേനം അഗ്രഹീഷ്യത് വിസവാരനത്ര അന്നവർക്കത് സാധിച്ചിരുന്നുവെങ്കിൽ ഇന്നുള്ളവർക്കും അത് കഴിഞ്ഞേന അജിരക്ഷ അവസാനം പുരാണൻ പ്രാണന കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് അവരുടെ യത്നം ജീവന്മാരുണ്ട് ഭക്ഷണവും മുമ്പിലുണ്ട് അതുകൊണ്ട് സൃഷ്ടിയിൽ സൃഷ്ടമായതെല്ലാം ഭോക്താവും ഭോജ്യവുമായി പിരിഞ്ഞിരിക്കുകയാണ് സർവവും ഒന്നും മറ്റൊന്നിനും ഭോജ്യമായിരിക്കുന്നു ഒന്നിന്റെ ഭോക്താവായിരിക്കുന്നു മറ്റൊന്ന് അധിക്കുന്നവനും ഖാദ്യവും അങ്ങനെ ഭക്ഷിക്കുന്നവനും ഭക്ഷണവുമായി ലോകം പിരിഞ്ഞിരിക്കുകയാണ് പക്ഷേ ആ ജീവന് എല്ലാം താരാക്കി കൊടുത്തു സൃഷ്ടാവ് പക്ഷെ അവന് തപ്പാനേന പ്രാണനെ കൂടാതെ അത് ഭക്ഷിക്കാൻ കഴിഞ്ഞില്ല പ്രാണശക്തി ഉണ്ടെന്നില്ല അവിടെ യത്നം വന്നു അവൻ യത്നിച്ചപ്പോൾ എന്ത് ചെയ്തു അവന് ഭക്ഷണം കിട്ടി ദാവയെ അവനതിനെ നേടി ഈശ്വരൻ ഈ സൃഷ്ടിയെ ഇങ്ങനെ വിചിത്രമായി സൃഷ്ടിച്ചപ്പോൾ ഓരോ ജീവനിലും ആ പൗരുഷത്തെ കൂടി സൃഷ്ടിച്ചു യത്ന സാമർഥ്യത്തെ ആ സാമർഥ്യമാണ് പിന്നീട് അവന്റെ നിലനിൽപ്പിന് ആധാരമായത് അതിനാശ്രയിച്ചിട്ടാണ് അവന്റെ ബന്ധവും മോക്ഷവും രണ്ടും നിലനിൽക്കുന്നത് വേഷ അന്നസ്യ ഗ്രഹവും കാണോ എന്നെ പറയുന്നു തേനെ തേന കർണം വ്യാപാരേണ അന്നും അശക് പ്രാണന ഉദ്ദേശിച്ചിട്ടാണ് പല ഭാഗങ്ങളിൽ പ്രാണനെന്ന് പറയും വാഗുണ്ടിരുന്ന പക്ഷി തത് അന്നം അജിഘ്രക്ഷതം ജഗ്രഹ അസിതവാൻ അങ്ങനെ അവൻ അന്നത്തെ ഭക്ഷിച്ചു പ്രാണശക്തിയിലൂടെ യജ്ഞത്തിലൂടെ അന്നസ്യഗ്രഹോ അന്നഗ്രഹ കിത്യത് അതുകൊണ്ടെന്താണ് ഈ പ്രാണവായു വായു അന്നായുർ അന്നബന്ധനോ അന്നജീവനോ വൈ പ്രസിദ്ധം അന്നായുർ വേശയദ്വായു അതുകൊണ്ടെന്താണ് ഈ പ്രാണൻ അന്നായു അന്നമാണിതിൻ്റെ ജീവൻ അന്നത്തെ ആശ്രയിച്ച് നിൽക്കുന്നു അന്നമില്ലെങ്കിൽ പ്രാണൻ ശരീരം വിടുന്നു അന്നബന്ധനോ അന്നമാണ് ഈ പ്രാണനെ ഈ ശരീരത്തിലൂടെ ബന്ധിപ്പിക്കുന്നത് അന്നജീവനോ അന്നമാണ് ഈ പ്രാണനെ ഈ ശരീരത്തെ നിലനിർത്തുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ആ പ്രാണൻ തന്നെ തയ്യാറായി തനിക്ക് ഈ ശരീരത്തിൽ നിലനിൽക്കണമെങ്കിൽ അന്നം വേണം അത് അന്നായവും അന്നബന്ധനനും അന്നജീവനുമാണ് അതുകൊണ്ട് ആ പ്രാണൻ തയ്യാറായി ഇത് ലോകപ്രസിദ്ധമാണോ സു വായു ഈ പ്രാണരൂപത്തിലുള്ള വായു അതുകൊണ്ട് അവരെല്ലാം നിലനിന്നു വിശപ്പിൻതാവും മാറി ഈ ദേവന്മാരെല്ലാം നിലനിന്നു എന്നർത്ഥം വീണ്ടും കത്തരേണ പ്രപദ്ധ്യ സ ഈതാ അഭിവ്യഹതം എതി പ്രാണേനുപ്രാണിതം ചുഷാ ദൃഷ്ടം യതിന സൃഷ്ടം അധ കോഹമിതി സോകലോകം കൃത്യ പൗര തൽയതൃസ്ഥിതി സമാ സ്വാമി ഇവ ഈക്ഷേത അങ്ങനെയാണ് രാജാവ് പട്ടണത്തെ ഉണ്ടാക്കി പൗര ന്മാരെ ഉണ്ടാക്കി പാലയിതർ അവരെല്ലാം നോക്കുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം നിയമിച്ചു അതുപോലെ സമീപം ലോകലോകപാല സംഘാത സ്ഥിതിയും അന്നനിമിത്തം കൃത്വ അവൻ ലോകങ്ങളെ സൃഷ്ടിച്ചു ലോകപാലന്മാരെ സൃഷ്ടിച്ചു അവരുടെ നിലനിൽപ്പിന് വേണ്ടി അന്നത്തെ സൃഷ്ടിച്ചു അന്നവും അവരെയുമായി ബന്ധിപ്പിച്ചു അങ്ങനെ ലോകത്തിന്റെ ഒരു വ്യവസ്ഥയുണ്ടാക്കി അതിന്റെ സ്ഥിതിക്ക് സ്ഥിതി അന്നനിമിത്തം കൃത്വ ലോകത്തിന്റെ സ്ഥിതി അന്നനിമിത്തമാക്കി പുര പൗരസമാ സ്വാമി ഒരു രാജാവ് എങ്ങനെയാണോ പുരമുണ്ടാക്കി പൗരന്മാർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്ന അതുപോലെ കഥ നുഖേന പ്രകാരേണിതം മന്ത്രതയും മാമന്തിരേണ പുരസ്വാമിന ഇവരുടെയൊക്കെ നിലനിൽപ്പ് എങ്ങനെ പാവകളെ പോലെ ഉണ്ടാക്കി അന്നത്തെ ഉണ്ടാക്കി ഇതിനെ ആധിക്കുന്നതിനുള്ള വഴിയൊക്കെ പറഞ്ഞുകൊടുത്തു പക്ഷെ എന്നെ കൂടാതെ ഞാൻ വേർപെട്ടു പോയാൽ ഇവരെല്ലാം എങ്ങനെ നിലനിൽക്കും മന്ദ്രദേ എന്നെ കൂടാതെ മാമന്ദിരേണ ഒരു സ്വാമിന് രാജാവില്ലാതെ എങ്ങനെ പ്രജകൾ കഴിയും അസാധ്യമാണ് യുതി കാര്യകരണ സംഘാത കാര്യം ചക്ഷ്യമാണ് കഥം നിഖലും മാമന്ദരേണ സ്യാ എന്താണ് ഈ കാര്യകരണ സംഘാതം ഇവർക്കെല്ലാം ഇപ്പം ശരീരങ്ങളെ സൃഷ്ടിച്ചുകൊടുത്ത് ശരീരവും ഇന്ദ്രിയങ്ങളും കഥം നു ധനുമാമന്ത്രേണു സാദ് ഞാനില്ലാതെ ഇവയ്ക്ക് എങ്ങനെ ഇതെല്ലാം നിൽക്കും പരാർത്ഥം സത് ഇതെല്ലാം പരാർത്ഥമാണ് ഇത് മറ്റൊന്നിനു വേണ്ടിയാണ് പറഞ്ഞല്ലോ സംഘാത പരാർത്ഥത്വ സംഘാതങ്ങളെല്ലാം പരാർത്ഥമാണ് ഈ സംഘാതം ഈ ഓരോ ശരീരങ്ങളും സംഘാതങ്ങളും ഇത് മറ്റാർക്കു വേണ്ടിയാണ് യതി വാച അഭിവ്യാഹൃതം കേവലമേവ വാഗ്വിവരണാദി ത നിരർത്ഥകം ന കഥഞ്ജന ഭവേ ബലിസ്ത്യാദീവ പൗരബന്ധ്യാതിഭി പ്രയുജ്യമാണ് സ്വാമ്യർത്ഥം സത്സ്വാമിന മന്ത്രേണ അസത്യവ സ്വാമി തത്വം നേരത്തെ പറഞ്ഞല്ലോ വാക്കുകൊണ്ടവർ പറഞ്ഞു പല അവരുടെ കാണാൻ തുടങ്ങി ചെവി കേൾക്കാൻ തുടങ്ങി അതെല്ലാം കൂടെ സൂചിപ്പിച്ചു അന്നത്തെ കണ്ടപ്പോ അവരുടെ ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിക്കാൻ തുടങ്ങി പക്ഷെ കേവലമേമോ വാക് വിവരണം ഈ പ്രവൃത്തികളെല്ലാം നിരർത്ഥകം ഇതിനൊരു സ്വാമി ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇതിനൊരു ഉടയൻ ഇല്ലെങ്കിൽ അതെല്ലാം നിരർത്ഥകമാണ് കഥഞ്ജനഭവയെ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലാത്തവരും എങ്ങനെ ബലിസ്തുത്യാദീവ പൗരബന്ധ്യാതിപി രാജാവിനെ പൗരന്മാർ സ്തുതിക്കുന്നു പിന്നെ സ്തുതി പാഠകന്മാരുണ്ട് അവരെല്ലാം സ്തുതിക്കുന്നു പക്ഷേ രാജാവില്ലെങ്കിലും രാജാവില്ലാതെ അസ്തുതിയെല്ലാം വ്യത്ഥമാകും പ്രവച്യമാനം സ്വാമ്യർത്ഥം ഇപ്പൊ രാജാവിന് വേണ്ടി രാജാവിനെ ഉദ്ദേശിച്ചുള്ള സ്തുതികൾ പൗരന്മാരും സ്തുതി പാഠകന്മാരും ചെയ്യുന്നതെല്ലാം വ്യർത്ഥമാകും എപ്പോ സത് സ്വാമിന് അന്തരേണ രാജാവില്ലെങ്കിൽ അസത്യവ സ്വാമിനി രാജാവില്ലാതെ വന്നാൽ സ്തുതി വ്യർത്ഥം അതുപോലെ ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിക്കാൻ തുടങ്ങി ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം പിന്നിൽ ഒരാൾ വേണം അപ്പൊ ഇത് മാത്രമേ സൃഷ്ടിച്ചുള്ളൂ തസ്മാത്മയാ പരേണ സ്വാമിനാധിഷ്ഠാത്ര ഫലസാക്ഷി ഭൂതേനം രാജ്ഞ അതുകൊണ്ടൊരു പട്ടണം ഉണ്ടാക്കുന്ന ഒരു രാജാവ് വേണം അതുകൊണ്ട് ഇവിടെ ഇപ്പൊ രാജാവില്ല പഠനം മാത്രമേ ഉള്ളൂ തസ്മാത്മയാ പരേണ സ്വാമിനാധിഷ്ഠാത്ര ഞാനാണിതിന്റെ എല്ലാം പരമകാരണനായിരിക്കുന്ന ഈശ്വരൻ സർവത്തിനും അധിഷ്ഠാതാവായിരിക്കുന്ന താനാണ് കൃതാകൃത സാക്ഷിഭൂത്തേന ഇതുവരെ ചെയ്തതും ഇനി ചെയ്യാൻ പോകുന്നതിനുമെല്ലാം ഇവരുടെ പ്രവൃത്തികൾ സാക്ഷിയായിരിക്കുന്ന ഞാനാണ് ഞാൻ തന്നെ എന്തു ചെയ്യണം ഭക്ത ഞാൻ തന്നെ ഇതിന്റെ ഉള്ളിൽ ഒരു ഭോക്താവായി പുരസീവരാജ്ഞ എങ്ങനെയാണോ പട്ടണത്തിന്റെ രാജാവ് അതുപോലെ യതി നാമ ഏത സംഹൃതകാര്യസ്യ പരമാർത്ഥനം മാം സേദനം അന്തരീണ ഭവേ ഇവ സ്വാമിനം അതെങ്ങനെ സംഭവിക്കും യതി നാമഏത് സംഹൃതകാര്യസ്യ ശരീരമായി ഇന്ദ്രിയങ്ങളായി അവയെല്ലാം ചേർന്ന് പ്രവർത്തിക്കാനും തുടങ്ങി അതാണ് കാണാനും കേൾക്കാനും മണക്കാനും രുചിക്കാനും സ്പർശിക്കാനും തുടങ്ങിയെന്ന് പറഞ്ഞത് ഇതെല്ലാം പരാർത്ഥം മറ്റൊരാൾക്ക് വേണ്ടിയാണല്ലോ കണ്ണ് കണ്ണിനു വേണ്ടി കാണത്തില്ല ചെവി ചെവിക്ക് വേണ്ടി കേൾക്കത്തില്ല നാക്ക് അതിനുവേണ്ടി വധിക്കത്തില്ല പരമാർത്ഥിനം മാം മറ്റൊരാൾക്ക് വേണ്ടിയാണ് അതാരാണ് താൻ തന്നെയാണ് ഈശ്വരൻ സ്വയം സങ്കല്പിക്കുക ഞാൻ തന്നെയാണ് ഛേതനം ഞാനാണിതിൽ ഛേതനായിരിക്കുന്നത് അന്തരേണ ഭവേ അതെങ്ങനെ സംഭവിക്കും ഒരപൌര്യ കാര്യം ഇവത്തേ സ്വാമിനം ആ പട്ടണത്തിന്റെ പൌരന്മാരുടെ എല്ലാം പ്രവൃത്തികൾ രാജാവില്ലാതെങ്ങനെ നടക്കും അധ കോവരൂപ് കസ്യാണോ കോഹം ഞാൻ ആരാണോ ഞാൻ എന്തിനുടേനാണ് അനുപ്രവിശ്യ വാഗാദ്യ അഭിവ്യാഹൃതാദിഫല ഉപലഭേയ രാജീവ്യ അധികൃത പുരുഷകൃതാകൃതാപേക്ഷണം ഈശ്വരൻ ചിന്തിക്കുകയാണ് അനുപ്രവേശ്യത്തിലേക്ക് പ്രവേശിക്കാതെ അതിനെക്കുറിച്ച് പറയാൻ പോവുകയാണ് അഭിവ്യാഹൃതാദിഫലം ഉപലഭീയ എന്താണ് വാക്ക് പതിക്കുന്നു കണ്ടു കാണുന്നു ചെവി കേൾക്കുന്നു ഇതിന്റെയൊക്കെ ഫലം ഞാൻ അനുഭവിക്കാതിരുന്നു കഴിഞ്ഞ ഇങ്ങനെ രാജായിവ രാജാവിനെ പോലെ പുരം ആവശ്യ അധികൃത പുരുഷകൃതാകൃത അപേക്ഷണം രാജാബന്ധി നിന്ന് നേരെ പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നു അവിടെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന സേനാധിപന്മാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ പ്രവൃത്തികൾ നോക്കുന്നവർ എന്തൊക്കെ ചെയ്തു എന്ത് ചെയ്തില്ല ചെയ്യേണ്ടതല്ല ചെയ്തോ അതൊക്കെ അന്വേഷിക്കുന്നുല്ലോ മാം രൂപയെ രാജാവ് ഇവിടെ ഇല്ലാതിരുന്നുകഴിഞ്ഞാലോ അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം എങ്ങനെ നടക്കും വിപരീതം അഭിവ്യാഹൃതാദിതമിതി വേദസ സേദന രൂപ അതിഗന്ധ വ്യൂഹം മറിച്ചാണെങ്കിലോ ഈ ഇതിന്റെ എല്ലാം വ്യാപാരം നടക്കുന്നു അതിന് പിന്നിലാളില്ലാതെ വന്നു കഴിഞ്ഞാലോ അതുകൊണ്ട് ഈശ്വരൻ തീരുമാനിച്ചു എന്താണോ താൻ തന്നെ ഇവിടേക്ക് കടന്നിട്ട് ഇതിന്റെ എല്ലാം നേതൃത്വം താൻ തന്നെ ഏറ്റെടുക്കാൻ പോവുകയാണ് മാറിയതെന്നാൽ ശരിയാവത്തില്ല യഥാർത്ഥം വിധം സമഹദാനം വാഗാധീനം അഭിവ്യാഹൃതാദി ഇതിന്റെ എല്ലാം ഈ പ്രവർത്തനങ്ങൾ ആർക്കു വേണ്ടിയാണ് സൃഷ്ടിച്ചു ഇത് പ്രവർത്തിക്കണം ഇതുണ്ടായി തീരൂ ഇല്ലാതിരുന്നാൽ ദോഷമാണ് ഒരാളവിടെ വേണം യഥാസ്തംഭ കുട്ട്യാതീനാം പ്രാസാദാദീനാം സംഹത നാം സ്വാഭവിക അസംഹത പരാർത്ഥത്വം തദ്വതിരി നമ്മൾ കാണുന്നു വീട് കാണുന്നുണ്ട് തൂണ് കാണുന്നുണ്ട് വീട് ചവര് വയ്ക്കുന്നു പുരം കാണുന്നുണ്ട് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്നും ഭിന്നനായ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് ചുമര് കെട്ടിയിരിക്കുന്നത് ഇഷ്ടക്ക് വേണ്ടിയിട്ടല്ല മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് തൂണ് കെട്ടിയിരിക്കുന്നത് അതും കണ്ണിനോ മണ്ണിനോ വേണ്ടിയിട്ടല്ല മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് വീട് വെച്ചിരിക്കുന്നത് വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ സംഹതമായി കൂടിച്ചേർന്നിരിക്കുന്നതെല്ലാം മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് ഏവം വീക്ഷിത്വ അധ കത്തരണ പ്രപത്യാഹ ഇങ്ങനെയെല്ലാം സങ്കല്പിച്ചിട്ട് ഇനി എങ്ങനെയാണ് ഇതിനെ പ്രവേശിക്കേണ്ടത് പ്രബദം ച മൂർധ ചാത പ്രവേശ മാർഗവും നോക്കിപ്പോയി രണ്ടു വഴിക്ക് കയറാം ഒന്ന് മേണിക്കുടി അല്ലെങ്കിൽ താഴെക്കുടി ഒന്ന് പ്രബതം കാലടി അതിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കാം അല്ലെങ്കിൽ മൂർധാവിലൂടെ ശിരസിലൂടെ സംഘാതസ് പ്രവേശ മാർഗം അനയോ കതിരേണ മാർഗീതം കാര്യകര സംഘാത പുരം പ്രബദ്ധി പ്രബദ്ധിയും അവിടെ ഇതും ഈശ്വരൻ ചിന്തിച്ചു ഞാൻ ഏത് വഴിക്ക് ഇതിനകത്ത് കയറും കാര്യ കൂടെ കയറണം തലയിൽ കൂടി കയറുന്നു എമിക്ഷിത്വൃത്യസാണു മർവാർദികൾ പ്രവേശമാർഗേണ വിദാര്യ പ്രവർത്തിയ ലോക ഈക്ഷിതകാര സൃഷ്ട ഈശ്വര ഏതൂർ സീമാനേശവിഭാഗ അവസാനം വിതാര്യ ഛിദ്രം കയയാ ദ്വാര മാർഗേണ കാര്യകരസാതം പ്രാപ്യത പ്രവിശ്യ നോക്കിയാണോ ഭൃത്യസ്യ പ്രാണസ്യ പറയുന്നു എന്തായാലും എന്റെ ഭൃത്യനായ പ്രാണൻ നമ്മ സർവാർത്ഥ അധികൃതസ്യ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആളാണ് ആ പ്രാണന്റെ പ്രവേശമാർഗീണ വിതാര്യ പ്രജ്ഞയും ആ പ്രവേശമാർഗ്ഗത്തിലൂടെ എന്തായാലും ഞാൻ പ്രവേശിക്കത്തില്ല അപ്പൊ പ്രാണൻ പ്രവേശിക്കുന്ന കാലടിയിലൂടെയെന്നാണ് ആ വഴിക്ക് ഞാൻ പ്രവേശിക്കത്തില്ല ലോകയു ഈക്ഷിതകാരി സിഷ്ട ഈശ്വര ലോകത്തിലും അങ്ങനെയാണല്ലോ കാണുന്നത് ഇപ്പോൾ പ്രധാന ചുമതലക്കാരനുണ്ടെങ്കിൽ അയാൾക്ക് കയറിപ്പോവാനൊരു വഴി സാധാരണക്കാർക്ക് പോകാൻ വേറെ വഴി അങ്ങനെയാണ് സർവ്വസ്ഥലത്തും കാണുന്നത് ചുമതലപ്പെട്ട ആൾക്കാർക്കൊക്കെ പോകാൻ വേണ്ടി പ്രത്യേക വഴികാണ് മറ്റുള്ളവർക്ക് കയറിപ്പോവാൻ വേറെ വഴി അതുപോലെ ഈ ശരീരത്തിന് രണ്ട് വഴിയുണ്ടെന്ന് പ്രാണന് കയറിപ്പോവാനുള്ള വഴി ഇതിൻ്റെ എല്ലാ ഉടമസ്ഥനായ ഈശ്വരന് കയറിപ്പോവാനുള്ള വഴി എന്തായാലും പ്രാണൻ പോകുന്ന വഴിയെ താൻ കയറുന്നില്ല അത് തനിക്ക് ക്ഷീണമാണോ താനും എന്താണോ സർവാർത്ഥത്തിൽ താനാണോ എന്നെ ചുമരപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ അവൻ തൻ്റെ വേലക്കാരനാണ് അങ്ങനെയുള്ള പ്രാണൻ കയറുന്ന വഴിയെ താൻ കയറിക്കഴിഞ്ഞാൽ അത് തന്റെ അന്തസ്സിന് യോജിച്ചതല്ല എന്ന് കരുതിയിട്ട് സൃഷ്ട ഈശ്വര ഈശ്വരൻ ചെയ്തു ഏതുമേവ മൂർദ്ധ സീമാനം കേശു അവസാനം വിതാര്യ നേരെ തലയിലൂടെ അകത്ത് കയറി മൂർധാവിലൂടെ ഛിദ്രംകുർക്കോ ഏതയാളയിലൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു മാർഗീണ സംഘാതം എന്നാണ് അതായത് കൊച്ചു കുഞ്ഞുങ്ങളുടെ കാലടിയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം അവിടെ വളരെ മൃദുവായ ഭാഗമാണ് അവിടെ നാഡീസ്പന്ദനം കാണാം അതുപോലെ മൂർധാവിനെ നോക്കിയാലും കാണാം നാടി സ്കന്ദിക്കുന്നു വളരെ മൃദുവായ ഭാഗം അവിടെ അസ്ഥികൾ യോജിച്ചിരിക്കുന്നു അപ്പോൾ ഇത് ഒന്ന് കാലടിയിലെ വളരെ മൃദുവായ പുരാണൻ സ്പന്ദിക്കുന്ന ഭാഗം അത് പ്രാണന് കടന്നു പോകാനുള്ളതും കയറാനുള്ളതും മൂർധാവിലെ ആ ഭാഗം ഈശ്വരന് കടന്നു വരാനുള്ളതാണ് ജീവന് കടന്നു വരാനുള്ളതുമാണ് അങ്ങനെ കടന്നു എന്നാണ് പ്രസിദ്ധ ഇതാണ് വളരെ പ്രസിദ്ധമായ വഴി എങ്ങനെ മൂർധിനി തൈലാതി ധാരണകാലി തദ്സാദി സംവേദന അവിടെ എങ്ങനെയൊരു വഴിയുണ്ടോ എന്ന് ചോദിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അത് ശൈശവത്തിന് വളരെ വ്യക്തമാണ് വളർന്നു അവിടെ അത്തി കൂടി ചേരുമെന്നുള്ളതേ അത് അല്ലാതെ അറിയാൻ പറ്റും ചില പ്രത്യേക എണ്ണയും മറ്റും തലയിൽ തേച്ചു കഴിഞ്ഞാൽ അതിന്റെ രസം ഉള്ളിൽ അനുഭവപ്പെടും ചില മരുന്നുകളും മറ്റും ഉപയോഗിച്ചു അതുകൊണ്ടുതന്നെ എന്താണ് അവിടെ നിന്ന് താഴോട്ടൊരു മാർഗമുണ്ട് ആ മാർഗത്തിലൂടെയാണ് ജീവൻ ഉള്ളിലേക്ക് പ്രവേശിച്ചത് ശേഷ വിധ്രധർ എന്റെ പേരാണ് വിദ്ധ്ര വിദാരിത ധ പിള്ളിലേക്ക് കയറിയത് നാമ പ്രസിദ്ധ ദ്വ അത് വളരെ പ്രസിദ്ധമായ മറ്റും അങ്ങനെ ഒരു വഴിയെ പറയുന്നുണ്ട് ഈശ്വരൻ ആ വഴിയെയാണ് ഇറങ്ങി എന്നാണ് ജീവരൂപത്തിൽ ഇറങ്ങി എന്നാണ് പറയുന്നത് അതോർദ്ധമായ അമൃതത്വമേരി ശ്രദ്ധീ തന്നെ പറയുന്നുണ്ട് അവഴിയിലൂടെ അവൻ പോയി അമൃതത്വത്തെ പ്രാപിച്ചു എന്തുകൊണ്ട് യോഗികൾ പറയുന്നത് അതുവഴി പോകണമെന്ന് കാരണം അതുവഴിയാണ് വന്നത് അതുവഴി ആണ് ഈ ശരീരത്തിലേക്ക് ജീവരൂപത്തിൽ ഈശ്വരൻ പ്രവേശിച്ചത് അതുകൊണ്ട് പോകുമ്പോഴും അതുവഴി തന്നെ പോകണം പോയാൽ ഈശ്വരനെ പ്രാപിക്കാം വിതരാണിത് ശ്രോത്രാദിദ്വാരാണി ഭൃത്യാദിസ്ഥാനീയ സാധാരണ മാർഗത്വ ന സമൃദ്ധീനി ന ആനന്ദേതുനി ബാക്കി നവദ്വാരെ പുരേ ദേഹി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പല ദ്വാരങ്ങളും ശരീരത്തിലുണ്ട് പക്ഷേ അതൊക്കെ എന്താണ് ഭൃത്യാദിസ്ഥാനീയ ഭൃത്യന്മാർക്ക് പോകാനും വരാനും ഉള്ളതാണ് ഈ നേരത്തെ പറഞ്ഞുള്ള പ്രാണൻ അതുവഴി കയറി ഓരോ ഇന്ദ്രിയങ്ങൾക്കും കയറണ്ടേ നേരത്തെ പറഞ്ഞു അധികരണം കരണം ദേവത അവരെല്ലാം അതാത് പോയി ഒരു പുറപ്പിച്ചു അവർക്ക് പോകാനും ഉള്ള അവർക്ക് വരാനും പോകാനുമുള്ള വഴികളാണ് ബാക്കിയുള്ളത് അത് ആനന്ദഹേതുവിനി അത് പരമാനന്ദത്തിന് നൽകുന്ന ല യോഗികൾ ഈ മാർഗത്തിലൂടെ സഞ്ചരിച്ചാണ് പരമാനന്ദത്തെ പ്രാപിക്കുന്നത് ഇതം ത്വാരം പരമേശ്വര ഇത് പരമേശ്വരന് മാത്രമുള്ള ദ്വാരമാണ് മൂർധാവിനും ദ്വാരം അത് ശ്വേദാശദനത്തിലും വിശദീകരിച്ചു പറയുന്നുണ്ട് തതേത നാന്ദനം നന്ദനമീവ നാന്ദനം ഇതി ദൈർഘ്യം ഛാന്തസം നന്ദനം നന്ദത്യേനദ്വാരണ പരസ്മിൻ ബ്രഹ്മണി ഉപാസകന്മാർ ഈ മാർഗത്തിലൂടെ സഞ്ചരിച്ച് പരമാത്മാവിൽ ആനന്ദിക്കുന്നു അതുകൊണ്ട് നന്ദനം എന്ന് പറഞ്ഞ നന്ദന ശ്രുതിയിൽ ദീർഘം ഛാന്തസമായി വന്നു അങ്ങനെ അതുവഴി പ്രവേശിച്ചു അതുവഴി തന്നെ കടന്നുപോയി മുമ്പ് പറഞ്ഞു എന്താണ് സൃഷ്ടം അനുപ്രാവശ്യതെന്ന് പറഞ്ഞു സൃഷ്ടിയിൽ ചെയ്ത് അനുപ്രവേശം ചെയ്തു ഇവിടെ പറയുന്നു അതനുപ്രവേശം എങ്ങനെ ചെയ്തു മൂർധാവിലൂടെ ആ സൃഷ്ടി അനുപ്രവേശം ചെയ്തു സേതം ഏവ സീമാനം വിതയാ പ്രാപ്യത വിധ്രൃതിർമാ ദ് തദ്തന്ദന്ദനം തയ ത്രയസഥ ത്രയസ്വപ്ന അയം ആവസോ അയമാവസോ അയം ആവസഭം സൃഷ്ട്വാവിഷ്ട ജീവനാത്മനാരാഗൈവുരം ത്രയ ആവസഥ അങ്ങനെ സൃഷ്ടിച്ച് എങ്ങനെയാണ് ഒരു രാജാവ് പട്ടണത്തെ ഉണ്ടാക്കിയിട്ട് നഗരത്തെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ പോയി രാജാവായിരിക്കുന്നത് അതുപോലെ ജീവാത്മരൂപത്തിൽ പ്രവേശിച്ചു ആ പരമാത്മാവ് തന്നെ അങ്ങനെയുള്ള ആ പരമാത്മാവിന് മൂന്ന് ഇരിപ്പിടങ്ങളുണ്ട് എന്നൊക്കെയാണ് ജാഗരിതകാല ഇന്ദ്രിയ സ്ഥാനം ദക്ഷിണ ദക്ഷിണ ചക്ഷു ഗോളകമാണ് അതെന്താണ് ഇന്ത്യ സ്ഥാനമാണ് അതാണൊന്ന് അതൊന്ന് ജാഗ്രത അവിടെയിരിക്കുന്നു ദക്ഷിണാക്ഷി മുഖ നമ്മള് കാരികയിൽ മനസ്സിലാക്കിയാണ് അവിടെ ഒരു സ്ഥാനം ഈശ്വരന്റെ സ്ഥാനം ദക്ഷിണാക്ഷിയിലാണ് സ്വപ്നകാലെ അന്തർ മനഹ സ്വപ്നകാലത്തെ മനസ്സ് സുഷുപ്തികാല ഹൃദയാകാശം സുഷുപ്തി കാലത്തിൽ അവൻ ഹൃദയാകാശത്തിൽ ഇരിക്കുന്നു എത്തിയത് ഭക്ഷ്യമാണാവാത്ര അവസതാഹ ഇങ്ങനെ വ്യാഖ്യാനിക്കാം പക്ഷെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നതിൽ ദോഷമുണ്ടോ എന്താണോ പറഞ്ഞി ബ്രഹ്മണ് സതാസ്വാമി സമ്പന്ന ഇതി ശ്രുതി ശ്രുതി എന്ന പറയുന്നു എന്താണോ സുഷുതിയിൽ ജീവൻ എവിടെയിരിക്കുന്നു ആ ബ്രഹ്മത്തിൽ തന്നെ ശ്രുതി പറയുന്നു സതാസ്വാമി തഥാ സമ്പന്ന അല്ലയോ സൗമ്യ അപ്പോൾ ആ സത്വുമായി ഏകീഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നു എന്നിട്ട് ഇവിടെ പറയുന്നു സുഷിത് കാലത്തിൽ ഹൃദയാകാശത്തിലിരിക്കുന്നു അപ്പൊ അതിന് സമാധാനം പറയാം എന്താണോ അവിടെ ഹൃദയാകാശത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഹൃദയാകാശം തന്നെയാണ് ആ പരബ്രഹ്മത്തിന്റെ സ്ഥാനം അപ്പൊ ഹൃദയാകാശത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പരബ്രഹ്മത്തിൽ ഏകീഭവിച്ചിരിക്കുന്നു തന്നെയാണ് അർത്ഥം എന്നാലും ഇനി പറയുന്നുണ്ട് മൂന്ന് ആവസദ് മൂന്ന് ഇരിപ്പടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് എന്താണ് പിതൃശരീരം മാതൃഗർഭാശയം സ്വന്ത ശരീരം ഈ ജീവന് മൂന്ന് ഇരിപ്പടങ്ങളുണ്ട് ഒന്നേതാണ് പിതൃശരീരം പിതൃശരീരത്തിൽ പറയുന്നു ഇങ്ങനെ പരലോകത്ത് പോയി അവിടെ നിന്ന് വൃഷ്ടിയിലൂടെ അന്നത്തിലൂടെ പിതാവിന്റെ ശരീരത്തിൽ വന്ന് രതത്തിൽ ജീവരൂപത്തിലിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അതൊന്ന് രണ്ടാമത് പിന്നെ എന്തു വരുന്നു മാതൃഗർഭാശയം മാതാവിന്റെ ഗർഭാശയത്തിലിരിക്കുന്നു മൂന്നാമതോ ഈ ശരീരത്തിൽ തന്നെ മാതാവിൽ നിന്നും തനിക്ക് ഈ ശരീരത്തിൽ അങ്ങനെ ആ ഈശ്വരൻ ഇതിൽ പ്രവേശിച്ച് ശരീരത്തിൽ അവന് മൂന്ന് സ്ഥാനമുണ്ട് അത് പിതാവ് മാതാവ് പിന്നെ ഈ ബാഹ്യശരീരം അങ്ങനെ മൂന്ന് സ്ഥാനം അല്ലെങ്കിൽ ജാഗ്ര സ്വപ്ന അവൻ സ്ഥിതി ചെയ്യുന്നു അങ്ങനെയും എടുക്കാം അങ്ങനെ മൂന്ന് സ്ഥാനങ്ങളുണ്ട് പിന്നെ ആ ജീവന്റെ ഈശ്വരൻ്റെ ഈ മൂർധാവിനൂടെ ഇവിടെ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ വന്ന മാറ്റങ്ങളെ കുറിച്ച് പറയുകയാണ് അത്രയും സ്വപ്ന ജാഗ്രത സ്വപ്ന സുഷൃത്യാഖ്യാഹ ആ ജീവനു മൂന്ന് സ്വപ്നങ്ങളായി ഇവിടെ ജീവഭാവത്തെ വിശദീകരിക്കുകയാണ് ഈശ്വരഭാവം കേട്ടെങ്ങനെ ജീവഭാവത്തിലേക്ക് വന്നു മൂന്ന് സ്വപ്നങ്ങൾ വന്നു എന്നാലും ജാഗ്രതം പ്രബോധരൂപത്വം എന്ന സ്വപ്നം അങ്ങനെ മൂന്ന് സ്വപ്നം അങ്ങനെ ഉണ്ടാവും സ്വപ്നം എന്തല്ലേ ഉള്ളൂ എന്തുകൊണ്ട് ജാഗ്രത് അത് പ്രബോധരൂപാണ് ഉണർവാണ് അതിനെങ്ങനെ സ്വപ്നം എന്ന് പറഞ്ഞു കുറുവക്ഷിയാണ് ചോദിക്കുന്നത് ദൈവം സാരമില്ല എന്താണ് സ്വപ്നയേവ സ്വപ്നം തന്നെയാണ് സ്വപ്നം എന്ന് കേട്ടിട്ട് ഞെട്ടേണ്ട കാര്യമില്ല കഥം പരമാർത്ഥ സ്വാത്മ പ്രബോധാവ സ്വപ്ന അസദ്വസ്തു എന്തുകൊണ്ടു സ്വപ്നം എന്ന് പറഞ്ഞു പരമാർത്ഥ സ്വപ്ന പ്രബോധ ഭാവ സ്വപ്നപ്രബോധം അവിടെയില്ല സ്വത്മബോധം അവിടെയില്ല അതുകൊണ്ടാണ് സുഷുതിയും സ്വപ്നം എന്ന് പറഞ്ഞത് എവിടെയാണോ ആ സ്വത്മബോധം ഇല്ലാത്തത് അതൊക്കെ ഇനി ഇവിടെ സ്വപ്നത്തിലെന്താണോ ഇവിടെ ജാഗ്രതയിലെന്താണോ മറ്റൊന്ന് സ്വപ്ന അസത് വസ്തു ദർശന സ്വപ്നത്തിൽ പോലെ ഇവിടെയും അസത് വസ്തുക്കളെയാണ് കാണുന്നത് സത്യത്തെ അല്ല കാണുന്നത് സ്വപ്നത്തിലും അസത്ത് ഇവിടെയും അസത്താണോ അതുകൊണ്ട് ജാഗ്രത് സ്വപ്നം തന്നെ അയമേവ ആവസഥ ചക്ഷുർ ദക്ഷിണം പ്രഥമ മനോ അന്തരം തിരുതീയ ഹൃദയാകാശ തൃതീയ മൂന്ന് സ്ഥാനം ഒന്ന് ദക്ഷിണാക്ഷി രണ്ടാമത് മനസ്സ് ഹൃദയം അയം ആവസതിയുക്ത അനുകീർത്തനമേ ഹ്യയം ആവസതേഷു പരയാത്മഭാവന വർത്തമാനോ അവിദ്യയാഘകം ഗാഠം പ്രസക്ത സ്വാഭാവിക് പ്രബുധ്യത്തെ അനേകശതസഹസ്രഥസാജ ദുഃഖ മുദ്ദര അഭിഖാത അനുഭവരവി പറ വീണ്ടും വീണ്ടും എന്താ പറഞ്ഞത് അയമാവസത്ത് അയമാവസത്ത് ഈ ഇരുപ്പിടത്തിന് എന്താ ഇത്ര പ്രാധാന്യം അത് വിശദീകരിക്കുകയാണ് തേശുഹ്യാവസു പര്യായണാത്മഭാവിയെന്ന് പറഞ്ഞു ഇത് വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ചും ആവർത്തിച്ചാർത്തിച്ച് ഈ ഇരുപ്പിടത്തിൽ എഴുതിയിരിക്കുന്നു അതെങ്ങനെ പിതൃശരീരം മാതൃശരീരം സ്വം ശരീരമെന്നോ അല്ലെങ്കിൽ ദക്ഷിണാക്ഷി ഹൃദയം മനസ്സ് ഈ രീതിയിലോ ഹൃദയാകാശം ഈ രീതിയിലോ ഏത് രീതിയിലായാലും മാറി മാറി പര്യായണ ഓരോരോ ശരീരങ്ങളായി മനുഷ്യ മൃഗ പക്ഷി ശരീരങ്ങളിലായി ആത്മഭാവീനെ വർത്തമാനം ഇതെല്ലാമാണ് താനെന്നു കരുതി തൻ്റെ വാസ്തവമായ സ്വരൂപത്വം മറിഞ്ഞിട്ട് ഇതിലെ താനെന്നു കരുതി വർത്തമാനഹ അവിദ്യയാ സ്വാഭാവിക ആ സ്വാഭാവികമായ അവിദ്യ കൊണ്ട് തന്നിൽ അനാദിയായിരിക്കുന്ന സ്വാഭാവിക എന്ന് വെച്ചാൽ അവനാദി ആ അവിദ്യ കൊണ്ട് ദീർഘകാലം ഗാഠം പ്രസുപ്തഹ വാസ്തവത്തിൽ ദീർഘകാലമായിട്ട് അവൻ ഗാഠനിദ്രയിലാണ് ജാഗ്രതായാലും സ്വപ്നമായാലും സുഷുതിയായാലും സുഹൃപ്തിയാണ് പറഞ്ഞല്ലോ അത്രയും സ്വപ്ന ജാഗ്രതും സ്വപ്നവും സുഷുപ്തി സ്വപ്നം തന്നെ എന്ന് പറയാം മൂന്ന് സ്വപ്നം തന്നെ എന്തുകൊണ്ട് മൂന്ന് സ്ഥലത്തും പരമാർത്ഥ സ്വത്നപ്രബോധ ഭാവ സ്വപ്ന ബോധം ഉണ്ടാകുന്നില്ല സ്വത്മാവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നില്ല മൂന്ന് സ്ഥലത്തും ഇനി മൂന്ന് സ്ഥലത്തെയും സുഷുപ്തി എന്നും പറയാം അതും ഇങ്ങനെ ഗാഠമായ സുഷുപ്തി ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷക്തിയിലും ജീവന്മാരെല്ലാം ഗാഠസുഷക്തിയിലാണ് അന്ധതമസ്സിലാണ് എന്തുകൊണ്ട് അതിനും കാരണം ഇത് ചെയ്യുന്ന പരമാർത്ഥ സ്വർണപ്രബോധ ഭാവ സ്വർണ്ണബോധം ഉണ്ടാകുന്നില്ല മറ്റെന്തൊക്കെ ബോധം ഉണ്ടാകുന്നു അതൊന്നും ബോധമേ അല്ല അത് കേവലം വിഭ്രാന്തി മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ബോധം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ അപ്രബുദ്ധ്യത്തെ ഉണരുന്നേയില്ല ഉറക്കത്തെയാണ് ജാഗ്രത സ്വപ്ന സുശക്തികൾ എന്ന് പറയുന്നത് വാസ്തവത്തിൻ്റെ അത് ഉണർവല്ല ഇതുവരെ ഉണർന്നിട്ടില്ല ഉണർവ് എന്താണെന്ന് അറിയില്ല എന്ന് പറയുന്നില്ല പ്രബുദ്ധത എത്ര കാലമായി അനേക ശതസഹസ്ര കോടിക്കണക്കിന് അനർത്ഥ സന്നിപാത അനർത്ഥങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് സുഖദുഃഖങ്ങൾക്ക് കാരണമായ അനർത്ഥങ്ങൾ അതുപോലുണ്ടാകുന്ന സുഖദുഃഖങ്ങൾ അത് മുഖ്യമായിട്ടെന്താണ് ജന്മം ജനനം ജീവിതം മരണം ഇത് നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ടുണ്ടാവുന്ന ദുഃഖം ആ ദുഃഖം എന്ന് പറയുന്നതാണ് മുദ്ഗരം ദുഃഖ മുദ്ഗരങ്ങൾ അത് ദുഃഖമാകുന്ന മുദ്ഗര ഉഗ്രഭിഘാതം എന്ന് പറഞ്ഞാൽ നല്ല മുട്ടൻ തടി കൊണ്ടുള്ള അടി അതാണ് അതിങ്ങനെ ഏറ്റുകൊണ്ടിരിക്കുകയാണ് ഓരോ ജീവന്മാരും ഈശ്വരൻ ഈ ശരീരത്ത് പ്രവേശിച്ചു അതിന് ഈ മൂന്ന് സ്ഥാനങ്ങളുണ്ടായി അത് ഇതിന് പ്രവേശിച്ചതിന് ശേഷം ഇതുവരെ ഉണർന്നിട്ടില്ല സദാ ഉറക്കത്തിലാണ് ജാഗ്രത സ്വപ്ന സുഷൃത്തികളെല്ലാം മാറി മാറി സഞ്ചരിക്കുന്നുണ്ടെങ്കിലും അത് ഉറക്കത്തിലാണ് അനേക അനർത്ഥങ്ങൾ പ്രാപിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഓരോ അനർത്ഥവും ഓരോ അടിയാണ് തലക്കിട്ടുള്ള അടിയാണ് നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തലയ്ക്കടി അനുഭവിച്ചിട്ടും എന്താണോ ഇതിനുള്ള മോഹം മാറുന്നില്ല വീണ്ടും വീണ്ടും ഈ അടികൊള്ളുന്നതിനുള്ള ആഗ്രഹം അവസാനിക്കുന്നില്ല തല്ല് വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഉറക്കത്തിലാണ് തല്ല് വാങ്ങുന്നത് അതുകൊണ്ട് വലിയ വേദന അറിയുന്നില്ല അതുകൊണ്ടെന്താണ് സ ജാതവും भूतानी ൂ അഭിക്ഷഹ അന്യം വപദിഷമ പുരുഷം ബ്രഹ്മ തതമം അപശ്യദർശമ അങ്ങനെയ ഈശ്വരൻ പ്രവിഷ്ടത്തിന് പ്രവേശിച്ചു ജീവാത്മനാ ജീവാത്മ രൂപത്തിൽ ഭൂതാനി അഭിവ്യല്ലാത്ത ഭാഷയാണ് അഭിവ്യക് എന്ന് പറഞ്ഞാൽ വ്യാകുരോ എല്ലാത്തിനെയും അവൻ പ്രകടമാക്കി അവൻ്റെ എല്ലാ സൃഷ്ടിയും അവന്റെ നിലയ്ക്ക് ആരംഭിച്ചു ഈശ്വരനായിരുന്ന സർവത്തെയും സൃഷ്ടിച്ചു അതുപോലല്ലേ ശബ്ദസ്പർശ രൂപ രസഗന്ധാദികളെല്ലാം അവൻ പ്രകാശിപ്പിക്കുന്നു സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം അവൻ തന്നെ ചെയ്യുന്നു ജനന മരണ ജീവിതങ്ങളെല്ലാം അവൻ്റെ എന്ന കയ്യിലായി അവൻ തന്നെ ഒരു സൃഷ്ടികളുത്താവായി മാറി ബന്ധമോക്ഷങ്ങളെല്ലാം അവൻ തന്നെ സൃഷ്ടിക്കാൻ തുടങ്ങി അതാണ് ഭൂതാലി അഭിവ്യക് അവൻ സർവജ്ഞനും സർവേശ്വരനും സർവശക്തനുമായിരുന്ന ഈ വളരെ പരമമായ ശ്രേഷ്ഠമായ സൃഷ്ടി നടത്തിയ അതേ ഈശ്വരൻ തന്നെ ഓരോ ശരീരത്തിലേക്കും പ്രവേശിച്ച് അവന് തോന്നിയതുപോലെയൊക്കെ സൃഷ്ടി ആരംഭിച്ചു അങ്ങനെ അവൻ ജനന മരണങ്ങളെ സുഖദുഃഖങ്ങളെല്ലാം സൃഷ്ടിച്ചു അവന്റെ അഭ്യാസങ്ങളായി അവന്റെ പരമാത്മ സ്വഭാവത്തെ മറന്നു താൻ ആരാണെന്നുള്ളത് അവൻ വിസ്മരിച്ചു എന്നിട്ട് സൃഷ്ടി അവൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കെ എന്താണ് സ കഥാചി ആചാര്യ ഏതോ ഒരു സമയം പരമകാർണികനായ ആചാര്യനാൽ ആത്മജ്ഞാനപ്രബോധകൃത് ശം വേദാന്ത മഹാഭ്യാം ആത്മജ്ഞാന പ്രബോധ ആത്മജ്ഞാനത്തെ ഉണർത്തുന്ന ശബ്ദം ഉള്ള ആത്മജ്ഞാനത്തെ ഉണർത്തുന്ന ശബ്ദം പറഞ്ഞത് അവൻ ഗാഠം പ്രസുത്ത ദീർഘകാലമായി അനാദികാലമായി ഉറങ്ങുകയാണ് അവൻ എത്രയെല്ലാം തെട്ടും മുട്ടും കിട്ടിയിട്ട് അവൻ ഉണരുന്നില്ല പക്ഷേ പരമകാർണികനായ ആചാര്യൻ ആത്മജ്ഞാനമാകുന്ന ബോധം ആ ബോധത്തെ ഉണ്ടാകുന്ന ശബ്ദം അതെന്താണോ ആ ശബ്ദം വേദാന്ത മഹാഭേരിയാണ് വേദാന്ത മഹാവാക്യങ്ങളാകുന്ന ഭേരി പെരുമ്പറ അത് തത് കർണമൂലെ കാഠ്യമാനായ അവന്റെ ചെവിയുടെ തൊട്ട് താഴെ കൊണ്ടുവന്ന് വളരെ ശബ്ദം വളരെ ശക്തമായിട്ട് പെരുമ്പറ മുഴുക്കി നടത്തും കർണമൂലെന്നാ പറയുന്നത് ആ ചെവിയിലോട് ചേർത്ത് പിടിച്ച് വലിയ പെരുമ്പറ മുഴുക്കി പെരുമ്പറ ദൂരം മുഴക്കി മുഴുകിയാൽ തന്നെ ചെവി പൊട്ടിപ്പോവും ആ പെരുമ്പര കൊണ്ടുവന്നെന്ത് ചെയ്തു ഇവിടെ ആചാര്യൻ അവന്റെ ചെവിയുടെ തൊട്ട് താഴെ കൊണ്ടുവന്നു അടിച്ചു അല്ലെങ്കിൽ അവന്റെ ഉറക്കത്തിൽ നിന്ന് ഉണ്ടർത്താൻ പറ്റത്തില്ല കുംഭകർണന്റെ സേവയാണ് കുംഭകർണ സേവയെന്ന് പറഞ്ഞാൽ കുംഭകർണനെ ഉണ്ടെത്താൻ എന്തെല്ലാം പാടുപെട്ടു അത് ഈ അജ്ഞന്റെ പ്രതീകമാണ് കുംഭകർണ്ണൻ ഇവിടെ എന്ത് വലിയ പെരമ്പര അതും വേദാന്ത ഭേരി ശ്രുതി ഉപനിഷ് ആകുന്ന ഭേരി അതിലെ മഹാവാക്യങ്ങളാകുന്ന ശബ്ദങ്ങൾ ആത്മബോധത്തെ ഉണർത്തി നിർത്തി ഈ പെരുമ്പരയിലൂടെ ദാഡ്യമാനായ അങ്ങനെ ആ ശബ്ദത്തുമൊഴുകി ഉപനിഷ്രവണം ഉപനിഷ് ശ്രവണം ശ്രുതി അതാണ് ഉദ്ദേശിക്കുന്നത് ീ ഗാഠമായ മോഹത്തിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും ഇവനെ ഉണർത്താൻ വേറെ സാധ്യമല്ല ശ്രുതിക്ക് മാത്രമേ സാധ്യവുള്ളൂ ആ ശ്രുതിയെ ഒരു പെരുമ്പറ മുഴക്കുന്നതുപോലെ ആചാരം കൊണ്ടുവന്നു മുഴക്കിയാലേ ഉണരത്തു അല്ലാതെ ഉണർന്നു കിടക്കുന്നതിനും ഉണർത്താൻ എന്താ ഇരുട്ടിനു വെളിച്ചമല്ലാതെ വേറെന്താ പരിഹാരം അജ്ഞാനത്തിനും ജ്ഞാനമല്ലാതെ വേറെ പരിഹാരമൊന്നുമില്ല അതുകൊണ്ട് കുംഭകർണനെ ഉണർത്തിയതുപോലെ ജനാദിയായി ഉറങ്ങുന്ന ഇവനെ എന്താണ് ഏതേവ സൃഷ്ടിയതികർത്തൃത്വ പ്രകൃതം പുരുഷംയാനം ആത്മാനം വ്യക്തതമം പരിപൂർണം ആകാശവുശ്യപുരുഷൻ എങ്ങനെയുള്ളാണ് സൃഷ്ടിയതികർത്തൃത്വന ുമ്പെ തുടങ്ങി അങ്ങനെയാണല്ലോ സൃഷ്ടിയെക്കുറിച്ചാണ് ആത്മാവ് അവിടെ ഈ സൃഷ്ടിയാദികൾക്ക് കർത്താവാണ് അവൻ ഈ പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിച്ചവനാണ് പക്ഷെ അബദ്ധം പറ്റി ഇതിനുള്ളിൽ പ്രവേശിച്ചതിന് ശേഷം അവൻ തന്റെ സ്വരൂപമെല്ലാം വിസ്മരിച്ചു പോയി വാസ്തവത്തിൽ പ്രകൃതം പുരുഷം അവനിപ്പോൾ എന്തായി കുരിശയനം അവൻ ഈ ഇതിൻ്റെ ഉള്ളിൽ ഇതിനുള്ളിലേക്ക് കിടന്ന് ഈ കുരുക്കിൽപ്പെട്ടുപോയി വാസ്തവത്തിൽ അവൻ തന്നെയാണ് സൃഷ്ടി കടത്ത വ്യത്യാസമൊന്നുമില്ല പക്ഷെ ഇപ്പോൾ ഈ പുരിയിൽ ശയിച്ചുപോയി ആത്മാനും അവൻ എന്താണ് ഈ സ്വരൂ ബ്രഹ്മം എന്നാണ് തകാരേന ഏകേന ലു തം എന്ന് ചേർക്കണം സർവ്വത്ര വ്യാപിച്ചിരിക്കുന്നർത്ഥം വ്യാപ്തമം തത്വം എന്ന് വെച്ചാൽ വ്യാപ്തം തത്തമെന്ന് വെച്ചാൽ വ്യാപ്തതമം തത്വത്തിനോട് തമപ്പ് പ്രത്യേകിച്ച് എടുത്തു കഴിഞ്ഞാൽ തത്വതമെന്നാവും പക്ഷെ ശ്രുതിയിലൊരു തായ് വന്നു വിട്ടുപോയി അത് ഛാന്തസമാണ് വേദത്തിൽ അങ്ങനെയൊക്കെ പറയുമ്പോഴും വാസ്തവത്തിൽ എന്താണെങ്കിൽ ഈ പുരിയിൽ സഹിക്കുകയാണ് പക്ഷെ അവൻ സർവവ്യാപിയാണ് ശരീരമാകുന്ന ഈ പുരിയിൽ സർവവ്യാപിയായ അവൻ സഹിക്കുന്നു എവൻ തന്നെയാണ് സൃഷ്ടികാധികളെല്ലാം നടത്തിയത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവനതെല്ലാം മറന്നിശിക്കുന്നു അവൻ വാസ്തവത്തിൽ ആരാണ് പരിപൂർണം അങ്ങനെ ശ്രുതി അവനെ ബോധിപ്പിക്കുന്നു നീ പരിപൂർണനാണ് ആകാശ ആകാശത്തെ പോലെ പൂർണ്ണനാണോ എന്നിങ്ങനെ അവനെ ബോധിപ്പിച്ചുകൊണ്ട് അവനെ ബ്രഹ്മമായി ബോധിപ്പിച്ചുകൊണ്ട് എന്താണ് പ്രത്യബുദ്ധ്യത അപ്പശ്ചിത് അവനെ ഉണർത്തി ആചാരൻ ആചാര്യൻ വേദാന്തമാകുന്ന ശബ്ദത്തെ പെരുമ്പറയിലൂടെ ഘോഷിച്ച് കഥ കഥം എങ്ങനെ ഇതം ബ്രഹ്മമ ആത്മനഹസ്വരൂപം അദർശം ദൃഷ്ടവാനസ്മി അപ്പൊ അവൻ ഉണർന്നു അവന്റെ ദീർഘകാലമായ ഗാഠസുക്തിയിൽ നിന്ന് അവൻ ഉണർന്നു എന്താണ് ഇതം ബ്രഹ്മമമ ആത്മനാഭ സ്വരൂപം ഇതാണല്ലോ എന്റെ വാസ്തവത്തിലുള്ള സ്വരൂപം എന്ന് ദുഷ്ടമാനസ്മിതാ ഞാൻ എന്റെ സ്വരൂപത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു ഞാനെന്റെ യഥാത്മ്യത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് അവൻ ആചാര്യ കൃപയിലൂടെ മനസ്സിലാക്കി അഹോ ഇതി വിചാരണാർത്ഥ പുളിത്തി അവിടെ എന്തിനുപയോഗിച്ചു എന്തൊക്കെയാ സംഭവിച്ചത് ഇതൊക്കെ ആലോചിക്കേണ്ട കാര്യങ്ങളാണല്ലോ എവിടെ നിന്ന് തുടങ്ങി എവിടെയൊന്ന് അവസാനിച്ചു എന്തായാലും അവസാനം ശുഭ എങ്ങനെ തുടങ്ങി ആദ്യം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കാനായിട്ട് അവൻ ഒരുമ്പിട്ടു സൃഷ്ടി നടത്തി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ അവസാനത്ത് പറ്റി തന്റെ സൃഷ്ടി തന്നെ താൻ പെട്ടുപോയി അതിൻ്റെ അകത്ത് ഒരുങ്ങിപ്പോയി അവിടെ കുരുങ്ങിയിട്ടോ ദീർഘകാലം അനാദികാലമായി ഗാഠസുഷുത്തിയിലായിപ്പോയി തന്റെ സ്വരൂപത്തെ വിസ്മരിച്ചു അങ്ങനെ ഈ ജനന മരണങ്ങളിലൂടെ കറങ്ങി നടക്കുമ്പോൾ പരമകാർണികനായ ആചാര്യൻ വന്ന് ശ്രുതിയുടെ രഹസ്യത്തെ ബോധിപ്പിച്ചു അവന് ഉണർവുണ്ടായി അവൻ തന്റെ സ്വരൂപത്തെ സാക്ഷാത്കരിച്ചു ശ്രുതി തന്നെ ആശ്ചര്യപ്പെട്ടു പോകുന്നു എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചു അതുകൊണ്ട് ശ്രുതി എന്ന് പറയുന്ന എന്താണ് ഇതീ ഇതീം നമ്മുടെ ശ്രുതി ആശ്ചര്യത്തിൽ പറയണ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇതന്ത്രോ നാമാ ോഹ വൈ നമ തേണ തസ്മാപരോക്ഷാ ബ്രഹ്മ സർവാതമപശ്യ അപരോക്ഷേണ പശ്യത്തിസ് അപോക്ഷാത് ബ്രഹ്മോസ്സാക്ഷാ അപരോക്ഷാത് ബ്രഹ്മ അപരോക്ഷസ്വരൂപനാണ് ഈ മായാർമുക്തനാണ് സർവാന്തരനാണ് അവൻ സർവാന്തരനായി തന്നെ സാക്ഷാത്കരിച്ചു അപശ്യ അവൻ തിരിച്ചറിഞ്ഞ് തന്നെ തന്റെ മോഹമെല്ലാം മാറി തന്റെ വാസ്തവ സ്വരൂപം തനിക്ക് വെളിപ്പെട്ട് അപരോക്ഷേണ അവൻ തന്നെ ഗ്രഹിച്ചു പറഞ്ഞല്ലോ ആ ഗുരുപദേശത്തിന്റെ ഫലം തസ്മാഅത് അതുകൊണ്ടെന്താണ് ഇത് ഇതം പശ്യതീതി അവനൊരു പേര് ഇതം പശ്യതി സർവത്തെയും പ്രത്യക്ഷമായി കാണുന്നു എന്നുള്ള അർത്ഥത്തിൽ ഇതന്ത്രോ എന്നാണ് അമന ശ്രുതി പരമാത്മാവിനെ വിളിക്കുന്ന പേരാണ് ഇതന്ദ്രൻ അന്താ ഇതന്ദ്രൻ ഇന്ദ്രൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഇതന്ദ്രൻ എന്ന് കേട്ടിട്ടില്ല പറയുന്ന ഇന്ദ്രൻ തന്നെയാണ് ഇതന്ദ്രൻ അതിലൊരു ദാ അങ്ങ് പോയി എന്നിട്ട് വളരെ ആദരവോടുകൂടി പറയുകയാണ് വാസ്തവത്തിൽ ഇന്ദ്രനെന്നല്ല പേര് ഇതന്ദ്രൻ എന്നാണ് പരമാത്മാവിന്റെ പേര് ഇവിടെ പറയുന്നത് ഇന്ദ്രദേവനുദ്ദേശിച്ചിട്ടല്ല പരമാത്മാവിനെയും ഇന്ദ്രനെന്ന് പറയും ശ്രുതി പലടത്തും അവിടെ നമ്മൾ മനസ്സിലായിക്കോടണം അത് ഇദന്ദ്രനെയാണ് ഇന്ദ്രനെന്ന് പറയുന്നു ഇതന്ദ്രനെ ഇതന്ദ്രനെന്ന് പറഞ്ഞാൽ എന്താ ശ്രുതി എന്തിനു വളർത്തി തിരിച്ച് ഇന്ദ്രനെന്ന് പറയണം പറയുന്നു അതിന് സമാനം പറഞ്ഞു പരോക്ഷ പ്രിയ ദേവ ഇതന്ദ്രോ ഹവൈ നാമ പ്രസിദ്ധോ ലോക ഈശ്വരന് എന്നൊരു പേരുണ്ട് അത് വൈദികന്മാരുടെ ഇടയിൽ അത് പ്രസിദ്ധമാണ് ആചക്ഷരേ ബ്രഹ്മവിദ അതുകൊണ്ട് വൈദികന്മാർ ബ്രഹ്മവിത്തുക്കൾ ഇതന്ത്രനെ തന്നെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അത് പരോക്ഷമായ പറച്ചിലെന്ന് പറയും പരോക്ഷം എന്ന് പറഞ്ഞറിയാമല്ലോ പ്രത്യക്ഷമല്ലാത്ത മറിഞ്ഞിരിക്കുന്നത് ഒളിഞ്ഞിരിക്കുന്നത് നേരിട്ടല്ലാത്ത വളച്ച് പറയുക എന്നൊക്കെ പറയട്ടോ അങ്ങനെ പറയുന്നു ഇന്ധനം എന്ന് പറയുന്നത് നേരിട്ട് പറയുന്നതല്ല വളച്ച് പറയുകയാണ് അങ്ങനെ ഒരു പേര് കൊടുത്തത് സർവസംവ്യവഹാരാർത്ഥം പൂജ്യ മത്വാ പ്രത്യക്ഷനാമഗ്രഹണം ഭ്രഹ്മത്തെ എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ സൃഷ്ടികർത്താവിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയണം സംവ്യവഹാരാർത്ഥം വ്യവഹരിക്കണം മനനത്തിനും ശ്രവണത്തിനും ഒക്കെ അത് ആവശ്യമാണ് പൂജ്യതമനാണോ പൂജ്യതമനാണോ സൃഷ്ടികർത്താവാണോ സർവജ്ഞനാണ് സർവേശ്വരനാണ് സർവാന്തരിയാമിയാണ് അതുകൊണ്ട് പൂജ്യതമനാണ് പൂജ്യതമനായ ഒരാളിനെ പേര് പറഞ്ഞ് നേരിട്ട് വിളിച്ചുകൂടാ പ്രത്യക്ഷ നാമഗ്രഹണ ഭയ നേരിട്ടുള്ള പേര് പറയാൻ പാടില്ല അങ്ങനെയാണ് ഇപ്പൊ ഗുരു ഗുരുവിനാരും പേര് പറഞ്ഞ് പറയാറില്ല മറച്ച ഗുരു ഗുരുദേവൻ സ്വാമി ഇത്തരം ശബ്ദങ്ങൾ ഉപയോഗിക്കാവും അത് അത് സംസ്കാരത്തിന്റെ ഭാഗമാണ് ബഹുമാനമുള്ളവരെ പേര് പറഞ്ഞ് സംബോധന ചെയ്യാതിരിക്കുകയോ പകരം എന്തെങ്കിലും പറയോ അതാണ് പരോക്ഷപ്രിയതെന്ന് പറയുന്നത് പ്രത്യക്ഷമായി പറയാതിരിക്കുക ഇപ്പം ദേവന്മാർ എല്ലാ കാര്യത്തിനും പരോക്ഷപ്രിയന്മാരാണ് എന്ന് പറയും അവര് പറയുമ്പോൾ അങ്ങനെ പറയുന്നതാണ് അവർക്കും ഇഷ്ടം താത്പര്യതാണ് നേരിട്ട് ഇതന്തിര എന്ന് വിളിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് ഇന്ദിരാന്ന് വിളിക്കുന്നതാണ് നല്ലത് അതുകൊണ്ടാണ് ബ്രഹ്മയുത്തുക്കൾ ഇതന്ദിരനെ മാറ്റിയിട്ട് ഇന്ദിര എന്നാക്കിയത് എങ്ങനെയാണോ ഗുരുവിനെ രാമനെന്നോ കൃഷ്ണനെന്നോ കേശവനെന്നോ ഒക്കെ പേരുണ്ടെങ്കിലും ആ പേരൊക്കെ വിട്ടിട്ട് ഗുരു അല്ലെങ്കിൽ ഗുരുദേവൻ എന്ന് പറയുന്നു സ്വാമി എന്നെല്ലാം പറയുന്നു ആദരവ് ബഹുമാനം സംസ്കാരമാണ് ആദരവെന്ന് പറയുമ്പോൾ നമ്മുടെ ഭാരതീയ സംസ്കാരമാണ് പാശ്ചാത്യ സംസ്കാരമുണ്ട് അവിടെ സംസ്കാരമനുസരിച്ച് പേര് പറഞ്ഞാൽ ബഹുമാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ പേര് പോരാ ഭാരതീയ സംസ്കാരം അതല്ല അവിടെ പേരിന് പകരം ദേവൻ ദേവി ഇങ്ങനെയൊക്കെയുള്ള ശബ്ദങ്ങൾ പ്രയോഗിക്കും ബഹുമാനത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഹുമാനാദരവുകൾക്ക് സ്നേഹത്തെക്കാളും പരിസ്ഥാനമുള്ളതാണ് അതുകൊണ്ട് അങ്ങനെ പ്രയോഗിക്കുന്നു സമ്പ്രദായം സംസ്കാരം ദേവന്മാർ കൂടി അതാണ് താല്പര്യം അതാണ് തദാഹി പരോക്ഷപ്രിയ പരോക്ഷ നാമഗ്രഹണപ്രിയ സ്മൃതികൾ പറയുന്നുണ്ട് ആത്മനാമ ഗുരോർ നാമ നാമാതികൃപണസിമോനഗണീയാ ജ്യേഷ്ഠാപത്യ പഴയൊരു രീതിയാണ് ഇന്നത്തെ രീതിയല്ല ആത്മനാമ സ്വന്തം പേര് കഴിയുന്നും പറയാതിരിക്കുക അവസരങ്ങളെടുത്ത് മാത്രം പറയുക ഗുരുവർ നാമ ഗുരുവിന്റെ പേര് പറയാതിരിക്കുക നാമ അതി കൃപണശില ഏറ്റവും കൃപണൻ ദുഷ്ടന്റെ പേര് പറയാതിരിക്കുക ആത്മനാമ ഗുരുനാമം മാമാണസി കാമൻ ശ്രേയസിനെ കാമിക്കുന്നു ജ്യേഷ്ഠാപത്യം പറയുന്നു മൂത്തപുത്രൻ പേര് പറയാതിരിക്കുക അവനോടത് ബഹുമാനം കാണിക്കണം എന്നാണ് മോനെ എന്ന് വിളിച്ചാൽ മതി പറയണ്ട ഭർത്താവ് ഭാര്യയുടെ പേര് പറയാൻ പാടില്ല തിരിച്ചും പറയാൻ പാടില്ല ഭാര്യ ഭർത്താവിന്റെ പേരും പറയാൻ പാടില്ല പഴയകാലം നാടകങ്ങളെ കാര്യപുത്ര ദേവി ഇങ്ങനെയൊക്കെയുള്ള ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെയായിരുന്നു പഴയ രീതി ഒരു സംസ്കാരം എന്നുവെച്ചാൽ ആദരവാരോടുണ്ടോ അവരെ പേര് പറയാനിരിക്കും ഇന്നതൊക്കെ പോയി ഇന്നത്തൊരു സംസ്കാരമെല്ലാം നമ്മുടെ സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമായി അതുകൊണ്ട് ഇവിടെ പറയുന്നു ദേവന്മാരെ കുറിച്ച് പേര് പറയരുത് േദത്തിന്റെ സ്വാധീനമായിരിക്കും വേദം പുരാണങ്ങളിലൂടെയും മറ്റും സാമാന്യ ജനങ്ങളെ സ്വാധീനിച്ചതിന്റെ ഫലമായിരിക്കും അതൊക്കെ വന്നത് വൈദിക സംസ്കാരത്തിന്റെ നല്ല വശങ്ങളാണത് പക്ഷെ അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പാശ്ചാത്യാനുകരണം കൊണ്ടതെല്ലാം നഷ്ടപ്പെട്ടുപോയി ആ ദേവന്മാര് പരവക്ഷ നാമഗ്രഹണപ്രിയന്മാരാണ് ദേവൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്റെ അർത്ഥം പൂജ്യൻ എന്നാ പൂജ്യർത്ഥത്തിൽ ആണ് ദേവശബ്ദം പ്രയോഗിക്കുന്നത് അല്ലാതെ ഇന്ദ്രനെന്ന് ചന്ദ്രൻ എന്നുള്ള അർത്ഥത്തിലല്ല ഗുരുശബ്ദത്തിനോട് കൂടി ദേവശബ്ദം ചേർത്ത് കഴിഞ്ഞാൽ ഗുരുദേവൻ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ എന്താണോ ഗുരു ഇന്ദ്രൻ എന്നല്ല ആദരണീയനായ ഗുരു എന്നാ അതുപോലെ ദേവി ശബ്ദം പൂജ്യ എന്നുള്ള അർത്ഥത്തിൽ വിടെവതകൾ എന്നുള്ള അർത്ഥത്തിലല്ല പേരിനോട് ചേർത്ത് ഉപയോഗിക്കും അതുകൊണ്ട് പൂജ്യ പൂജ്യന്മാരോട് പൂജ്യന്മാരെ അഭിസംബോധനയും പേര് പറയുന്നത് ഇതുപോലെയുള്ള ശബ്ദങ്ങൾ ദേവ പോലെയുള്ള ഉപയോഗിക്കാം അല്ലെങ്കിൽ ഗുരു സ്വാമി ഇത്തരം ശബ്ദങ്ങൾ ഉപയോഗിക്കാം പൂജ്യ ശബ്ദം ഒക്കെയാണ് സന്യാസിമാർക്ക് സ്വാമി എന്നുള്ള ശബ്ദം ഉപയോഗിക്കുന്നത് പൂജ്യൻ എന്നാണ് അതിന്റെ അർത്ഥം ആദരണീയം എന്നുള്ള അർത്ഥത്തിലാണ് ദേവശബ്ദം പോലെ മംഗളവാചകവും പൂജ്യവാചകവുമാണ് സ്വാമി ശബ്ദം ഉപയോഗിക്കുന്നത് പരോക്ഷപ്രിയ സംസ്കൃതത്തിലെ നിയമം മലയാളത്തിൽ സ്വാമിയുടെ കൂടെ ചേർത്തിട്ട് ജി കൂടെ ചേർന്ന് എന്താണ് അത് കൂടുതൽ ബഹുമാനത്തിന് വേണ്ടി പക്ഷെ നമുക്കറിയത്തില്ല അത് സീറോ ആയി പോവും എന്തുകൊണ്ട് ജി എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ പൂജ്യ ശബ്ദമല്ല അത് ഹിന്ദിയിലുള്ളതാണ് ജി പൂജ്യം അത് സംസ്കൃതനോട് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഉള്ള പൂജ്യം കൂടെ പോവും അങ്ങനെ ഒരു ദോഷം കൂടെയുള്ളു അപ്പൊ പൂജ്യവാചകം സ്വാമി മാത്രമേ ഉള്ളൂ സ്വാമി എന്ന് പറയുന്നത് പൂജ്യവാചകി ചേർത്ത് കഴിഞ്ഞാൽ നെഗറ്റീവായി അത് പോവും പക്ഷെ നമ്മളങ്ങനെ പ്രയോഗിക്കാറുണ്ട് പ്രയോഗിക്കുന്നത് തെറ്റൊന്നുള്ളതല്ല അതിന്റെ ഒരു വശം പറഞ്ഞേയുള്ളൂ സംസ്കൃത ഭാഷയുടെ അതാണ് പൂജ്യത്തിന് വേണ്ടി ഇത് ദേവ എന്ന് പറഞ്ഞിട്ട് ദേവാജിന്ന് പറയേണ്ട കാര്യമില്ല പറയാറില്ല സ്വാമി എന്ന് പറഞ്ഞാൽ സ്വാമി എന്ന് മാത്രമാണ് പക്ഷെ കുറച്ചുകൂടെ ബഹുമാനം ഇരുന്നോട്ടോ എന്ന് വിചാരിച്ച് നമ്മൾ സൗദ്ദേശത്തിൽ പറയുന്നതാണ് ഫലത്തിൽ നിന്ദിക്കുക നിന്ദാവാചമായിട്ട് പരിണമിക്കുക അങ്ങനെയുണ്ട് അതായത് അങ്ങനൊരു നിയമമുണ്ട് ഭാഷയിൽ പൂജ്യ ശബ്ദത്തോടു കൂടി നിഷേധ ശബ്ദം ചേർത്ത് കഴിഞ്ഞാൽ പൂജ്യ ശബ്ദത്തിന്റെ അർത്ഥം നിഷേധമായി നിന്ദാസ്തുതി എന്ന് പറയും സ്തുതി നിന്ദ് പരിണമിക്കും ദേവന്മാരങ്ങനെയാണ് പരോക്ഷപ്രിയന്മാരാണ് അതിന്റെ താല്പര്യം ഇതാണ് അവരുടെ യഥാർത്ഥമായ നാമം അങ്ങനെ പറയാതെ അതിന്റെ എന്തെങ്കിലും രൂപാന്തരം വരുത്തിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതിന് പകരമായ ശബ്ദമോ ഉപയോഗിക്കണം അതാണ് പരോക്ഷപ്രിയത എന്ന് പറയുന്നത് ദേവന്മാർക്ക് എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ് പരോക്ഷമായി സൂചിപ്പിക്കുന്ന അവർക്കൊന്നുള്ളത് നേരിട്ട് പറയാം അതിന്റെ ദേവന്മാർക്ക് ഇങ്ങോട്ട് പ്രത്യക്ഷമായി വരുന്നും ഇഷ്ടമല്ല പരോക്ഷന്മാരായതുകൊണ്ട് അവരെപ്പോഴും ഒളിഞ്ഞിരിക്കും എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് പരോക്ഷപ്രിയന്മാരാണ് ഹവീസ് അർപ്പിച്ചു കഴിഞ്ഞാൽ അവരൊന്നും രണ്ടു കൈനീട്ടി അവരെവിടെ ഒളിഞ്ഞിരുന്നിട്ട് അത് സ്വീകരിക്കും പരോക്ഷപ്രിയന്മാരെന്ന് പറയുന്നത് വജ്രഹസ്തപുരന്തരഹ പറയുന്നു വജ്രഹസ്തത്തോടുകൂടിയവനാണ് വജ്രം കയ്യിലുള്ളവനാണ് പുരന്ധനെന്ന് ശ്രുതി തന്നെ പറയും ഇന്ദനും പക്ഷെ നമ്മൾക്കൊരിക്കലും അവന് വജ്രഹസ്തത്തോടുകൂടി കാണാൻ പറ്റത്തില്ല എന്തുകൊണ്ടവൻ പരോക്ഷപ്രിയനാണ് അവരുടെ ഇഷ്ടം എന്താണ് പൊളിഞ്ഞിരിക്കുന്നതാണ് ഒരു കാര്യത്തിലും പരോക്ഷമായിട്ട് അവൻ പ്രത്യക്ഷമായിട്ടല്ല പക്ഷെ പരോക്ഷമായിരുന്ന കാര്യങ്ങളും ചെയ്യുന്നതാണ് സമയാസമയത്ത് വൃഷ്ടി ഉണ്ടാക്കും അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കും അതെല്ലാം ചെയ്യും ദേവന്മാരെ കുറിച്ച് പറയുന്നതാണ് പക്ഷെ പരവക്ഷ പ്രിയന്മാരാണ് അതുകൊണ്ട് ഈ നാമത്തിലുമുണ്ട് പറയുമ്പോഴൂടെ പ്രത്യക്ഷമായി അങ്ങനെ പറയരുത് അതുകൊണ്ടന്നെ പിതാവിനെ പേര് പറഞ്ഞാലും വിളിക്കാറില്ലല്ലോ പക്ഷെ മറ്റു പല സംസ്കാരത്തിലും പേര് പറഞ്ഞു വിളിക്കും മിസ്റ്റർ എന്ന് ചേർത്ത് വിളിക്കാൻ പക്ഷെ ഭാരതീയ സംസ്കാരത്തിൽ അങ്ങനെ വിളിക്കാൻ പാടില്ല അതിനനുസരിച്ചിപ്പോൾ നമ്മൾ പേര് പറഞ്ഞു വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മിസ്റ്റർ കൃഷ്ണൻ ഗോപാലൻ എന്നൊക്കെ ഇപ്പൊ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ മാറ്റം കാലത്തിന്റെ മാറ്റം സർവ്വദേവാനമപിദേവോ മഹേശ്വര മുഖ്യമോ സർവ്വദേവാനമപിദേവോ മഹേശ്വര എല്ലാ ദേവന്മാരും പരോക്ഷപ്രിയന്മാരാണ് അവരുടെ കാര്യങ്ങളെല്ലാം പരോക്ഷതയിലാണ് എന്തു പറയാനാണ് കൈമുദികന്യായം എന്ന് പറയും എന്തു പറയാൻ സർവദേവന്മാർക്കും ദേവനായിരിക്കുന്ന ആ പരബ്രഹ്മത്തിന് മഹേശ്വരനും പരോക്ഷപ്രിയനാണെന്നുള്ളത് അതുകൊണ്ട് ഇവിടെ മഹേശ്വരന് ഇതന്ദ്രൻ എന്ന് ശ്രീ ഒരു പേര് പറഞ്ഞു ബഹുമാനം കുറയാതിരിക്കാം ദുർവചനം പ്രകൃത അധ്യായ പരിസമാപ്തി ഈ അധ്യായ പരിസമാപ്തിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് രണ്ടു തവണ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് സൃഷ്ടി പലതരത്തിലുള്ള സൃഷ്ടികൾ അവിടെ പല കാര്യങ്ങളും എന്താണ് സാമാന്യ ബുദ്ധിക്കും യുക്തിക്കും ഒന്നും പിടികിട്ടാത്തതും മനസ്സിലാകാത്തതും പരസ്പരം പൊരുത്തക്കേടുകളുള്ളതും കുറേ തമാശ പോലെ തോന്നുന്നതുമാണോ ഇതെല്ലാം കേട്ടുകഴിയുമ്പോഴത്തേക്കും ഭാഷകാരനോട് ചോദിക്കും ഒരു ചോദ്യം ചോദിക്കും എന്താ ഈ പറഞ്ഞുവന്നു ഇതുവരെ ഭാഷകാരം തിരിച്ചു പറയുന്നത് എന്താ നിങ്ങളുടെ കയ്യിൽ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ എന്റെ കയ്യിലാണെങ്കിലും ഒരുപാട് ചോദ്യമുണ്ട് എന്റെ കയ്യിൽ ഒരുപാട് ചോദ്യം ഇരിക്കുമ്പോഴാണ് നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചത് പോരാ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇതുവരെ ചർച്ച ചെയ്ത ഭാഗത്തെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ ലൗകികമായ അനുഭവത്തിനും യുക്തിക്കും നിറക്കാത്ത പല കാര്യങ്ങളും കൂടെ വന്നിട്ടുണ്ട് സൃഷ്ടിച്ചു അവിടെ എന്നിട്ട് മൃഗത്തിന്റെ ശരീരം എടുത്ത് കാണിച്ചു ഇങ്ങനെ ആരെങ്കിലും ഒരാളൊരു സ്ഥലത്തിരുന്നു അങ്ങനെ കുറച്ചുപേരെ സൃഷ്ടിച്ചു വെച്ചിട്ട് ഒരു മൃഗശരീരം എടുത്ത് കാണിച്ചു നടന്നിട്ടുണ്ട് പിന്നെ വേറെ മനുഷ്യ ശരീരം കാണിച്ചു അത് സ്വീകരിച്ചു എന്നൊക്കെ പറയുന്നില്ല എന്താ ഇതാരാ കണ്ട് കേട്ട് ഇതെന്താനാ ചോദ്യങ്ങൾ ഒരാ ചോദിക്കുന്നുണ്ട് അപ്പോ ആ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഭക്ഷിക്കാരൻ എന്താണ് അവസാനം പറയുന്നത് ഇതന്നെ ഒരു അർത്ഥഭാഗമാണ് ഇതൊന്നും നിങ്ങൾ സംഭവങ്ങളായിട്ട് എടുക്കരുത് അങ്ങനെ ഒരു സ്ഥലത്ത് ഒരാളെ ഘട്ടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തു മറ്റൊരു തരത്തിൽ ഇതിനെടുക്കരുത് ഇതൊരു കഥയായിട്ട് എടുത്താൽ മതി തമാശ ഒരു കഥ എന്തിനാ ഈ കഥ പറയുന്നത് ഈ കഥയിലൂടെ ശ്രുതിക്ക് ബോധിപ്പിക്കാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതാണ് ഇവിടെ മുഖ്യ അത് മനസ്സിലാക്കിയാൽ മതി അല്ലാതെ ഇതിന്റെ നൂലാമാലകളിലേക്ക് കടന്ന് ചിന്തിക്കാൻ പോയാൽ ഒരറ്റവും കാണത്തില്ല ഇതിനെല്ലാം കേവലം ഉപാസനകളായിട്ടോ അല്ലെങ്കിൽ തത്വജ്ഞാനത്തിന്റെ ഉപായമായിട്ടോ മാത്രമേ ഇത്തരം കഥകളെയും സംഭവങ്ങളെയെല്ലാം സ്വീകരിക്കാവൂ അല്ലാതെ ഇതിൽ ലൗകീയമായ സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും ഒന്നും ഇല്ല ഇതിനകത്ത് മാത്രമേ ഉള്ളൂ ആധ്യാത്മികമായ ചില തത്വങ്ങളവിടെ വെളിപ്പെടുത്തുന്നുണ്ട് അതിനപ്പുറം ലൗകീയമായ കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ വേണമെങ്കിൽ ഇതിനെ മനസ്സിലാക്ക